അപ്പൊ അതാ അതോ ബ്രഹ്മ ജിജ്ഞാസയാണോ പഠി എടുത്തോണ്ടിരിക്കുന്നു അതിനകത്ത് അഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരം സാധനചു ശേഷം എന്നുള്ളതാണ് അത് ആർക്കും പ്രേ സാധനച്യേഷ്ഠയ സമ്പന് ശേഷം അപ്പൊ എന്ത് ആണ് സാധനച്യേഷ്ഠേ സമ്പത്തി അതാണ് ഞാനൊരു ഇവിടെ പറഞ്ഞാണ് ഇവിടെ ശങ്കരാചാര്യ പറയുന്നത് നിത്യാനിത്യേകം ശങ്കരാചാര്യ നിത്യാനിത്യ വസ്തുവേകം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഭാമനീകാരം പറയുന്ന അർത്ഥം വേറെയാണ് മനസ്സിലായ ശങ്കരാചാര്യ നിത്യാനിത്യ വസ്തുവേകം എന്ന് പറഞ്ഞാ എന്താണ് ബ്രഹ്മം സത്യമാണ് നിത്യം ബ്രഹ്മനിത്യമാണ് അനിത്യമോഴ് ഇവിടെ പറയുന്നത് കാരണം നിത്യാനിത്യ വസ്തു ഫലഭോഗ വിരാഗം ഫലാദി സമാധിഷ്ടസമ്പദ് മോക്ഷം അവസാനിച്ചാണ് എന്തിൽ നിന്നുള്ള മോക്ഷ സംസാരത്തിൽ നിന്നുള്ള മോക്ഷ സംസാരമെന്ന് പറഞ്ഞാ എന്താണ് ജനനമരണം ഈ പുനർജന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എല്ലാ ചങ്കരാചാരി ജനനമരണങ്ങളിൽ മോചിക്കുക അപ്പോ അങ്ങനെ മോചിക്കാൻ ജനന മരണങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഈ ജനന മരണമെന്ന് പറയുന്ന അനിത്യമാണെന്ന് അറിയണം ജനനമരണം സംസാരം അത് അനിത്യം അറിയണം നിത്യം ഏതാണെന്ന് അറിയണം നിത്യമായിരിക്കുന്നത് ആത്മാവ് ശങ്കരഭിപ്രായത്തിൽ ആത്മാവ് എന്ന മോക്ഷം ആത്മാവും മോക്ഷവും രണ്ട് ആത്മാവ് തന്നെയാണ് മോക്ഷം ആത്മാവ് മോക്ഷമാണ് സംസാരം അനിത്യമാണ് എന്നറിയുന്നു ഇതാണ് ശങ്കരഭിപ്രായത്തിൽ നിത്യാനിത്യ വസ്തു ചെയ്ത് നിത്യവസ്തു ആത്മാവ് അനിത്യസ് വസ്തു സംസാരം ചെയ്ത് തിരിച്ചറിയുന്നു യും വിവേിച്ചറിയും അങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ മനസ്സിലാക്കുന്ന പോലെ ഒരു യുക്തിയിലല്ലേ ശങ്കരായ പറയും ശങ്കരായ പറയുന്നത് എങ്ങനെയാണ് നിത്യം പറയുന്നത് വേദത്തിൽ ആത്മാവ് നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യമായ ആത്മാവുണ്ട് ഏത് പറഞ്ഞാലും ശങ്കരാ ഇതി ശ്രുതേ ഖേദം പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് ബാക്കിയായിരുന്നു ഇന്ന് നമ്മള് പ്രഭാഷണങ്ങളിലൊക്കെ പറയുമ്പോ ആത്മാവ് നിത്യമാണെന്ന് പറയും ആത്മാവ് നിത്യമാണെന്ന് പറയും പക്ഷെ അങ്ങനെ ആത്മാവ് നിത്യമാണെന്ന് എങ്ങനെ അറിയി വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ആത്മാവ് നിത്യമാണ് വേദം പ്രമാണമാണ് പ്രമാണം എന്ന് വെച്ചാൽ എന്താണ് പ്രമേയ ഉണ്ടാക്കുന്ന പ്രമേയെന്ന് പറയുന്നത് എന്താണ് ശരിയായ അറിവ് ശരിയായ അറിവിനെ ഉണ്ടാക്കുന്നതാണ് പ്രമാണം അപ്പോ ശരിയായ അറിവാണ് ആത്മാവ് നിത്യം അത് വേദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് വേറെ വഴിയൊന്നും ഇല്ലാതറിയാം ഒറ്റ വഴിയുള്ളൂ വേദം എന്നാണ് ശങ്കരായ അഭിപ്രായം അപ്പോ അങ്ങനെ അറിഞ്ഞു വേദത്തിൽ നിന്നും ആത്മാവ് നിത്യമാണെന്നറിഞ്ഞു ഇനി അനിത്യം എന്ന് പറയുമ്പോ ശങ്കരായ പ്രാധാന്യം ഊന്നൽ കൊടുക്കുന്ന ഏതെന്ന് വെച്ചുകഴിഞ്ഞാൽ സംസാരം അനിത്യമാണ് ജനനമരണങ്ങള് അനിത്യമാണ് പ്രപഞ്ചം അനിത്യമാണ് പക്ഷെ അതിനെല്ലാം ഉരിയായി അന്നത്തെ ഒരു ചിന്താഗതി അനുസരിച്ച് ആ ശങ്കരായ ഭാഷ്യമഴുന്ന കാലത്തെ ആ ചിന്താഗതി അനുസരിച്ച് അന്ന് അന്നത്തെ വിശേഷം ബ്രാഹ്മണർ ബ്രാഹ്മണരാണ് ഇതിന്റെ കാശന്മാർ ബ്രാഹ്മണജാതിപ്പെട്ടവർ അവരുടെ പ്രധാന പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക മറ്റുള്ളവരെ കർമ്മം ചെയ്യിക്കുക രണ്ടാണ് ഇവരുടെ പരിപാടി ചെയ്യും ചെയ്യും മറ്റുള്ളവർ കൂടി ചെയ്യുകയും ചെയ്യും എന്തിനു വേണ്ടി സ്വർഗം പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി എവിടെ പറഞ്ഞിരിക്കുന്നു അതും തന്നെയാണ് അപ്പൊ അനിത്യം എന്ന് പറയുന്നത് എന്താണോ ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എല്ലാം അനിത്യമാണ് അതാണ് മുഖ്യം കർമ്മങ്ങളുടെ ഫലം അനിത്യമാണ് സംക്രാരിയ സംസാരം എന്ന് പറയുന്നത് കർമ്മഫലത്തെയാണ് കർമ്മഫലം എന്ന് വെച്ചാൽ ഇവിടെ കർമ്മം ചെയ്തിട്ട് മരിച്ച് സ്വർഗത്തു പോകും അത് അനിത്യമാണെന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ച് ഭൂമി വരേണ്ടി അപ്പൊ ജനനവും മരണവും പോകും അതിന്ന് പറയുന്ന കർമ്മഫലമാണ് സംസാരം അത് ജനന മരണങ്ങൾ ഇതൊക്കെ അനിത്യമാണ് അങ്ങനെ ഒന്ന എന്താ ഒരു ഗുണം ആരും ഈ അനിത്യമായ ഫലത്തിനു വേണ്ടി ജന്മത്തിനും മരണത്തിനും വേണ്ടി ആരും കർമ്മം ചെയ്യിക്കുന്നു ചെയ്യാൻ പാടില്ല അപ്പൊ ആത്മാവ് നിത്യമാണെന്നറിയണം കർമ്മഫലം അനിത്യമാണെന്നറിയണം ഇതാണ് നിത്യ അനിത്യ വസ്തുവിയോഗമെന്ന് ശങ്കരായ പറയുന്നു കർമ്മഫലം തന്നെയാണ് സംസാരം കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം വൈദിക കർമ്മങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ് അതിനു പ്രവൃത്തി കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി ഇനി വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾക്ക് അനുകൂലിച്ച് സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ മനുസ്മൃതി പോലെയുള്ള സ്മൃതികളുണ്ടല്ലോ അത് പറയുന്ന കർമ്മങ്ങൾ അതിനെ എടുക്കാൻ അനിത്യം എന്ന് പറഞ്ഞാൽ അവിടെ സംഗ്രഹാരം പറയുന്നത് കർമ്മഫലം അനിത്യമാണ് ഈ വിവേകമുണ്ടാവണം ഇത് അടുത്ത് പറയാൻ പോകുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിചാരം ബ്രഹ്മജ്ഞാസന്ന് വെച്ചാൽ ബ്രഹ്മവിചാരമാണ് ആ ബ്രഹ്മവിചാരം ചെയ്യുന്നവന്റെ ഒരു യോഗ്യതയാണ് ആത്മാവും നിത്യവും എന്ന് അറിയുക കർമ്മഫലങ്ങളെല്ലാം അനിത്യം ഇതാണ് തുടങ്ങുന്നത് ഇതറിഞ്ഞാ ഇതെന്താ യോഗ്യതാവുന്നു കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവന് വൈരാഗ്യം ഉണ്ടാവും വിരക്തി വൈരാഗ്യം എന്ന് വെച്ചാൽ വിരക്തിയാണ് ദേഷ്യമല്ല എന്തിനുള്ള വിരക്തി ഉണ്ടാവും കർമ്മം ചെയ്യുന്നതിനും അവന്റെ ഫലങ്ങളോടൊക്കെ വിരക്തി അതാണ് സംസാര വിരക്തി എന്ന് പറയുന്നത് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക അതിന്റെ ഫലം അനുഭവിക്കുക അതിനോട് വിരക്തി ഉണ്ടാവുന്ന ചില താല്പര്യമില്ലായ്മ വിരക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ രാഗം ആഗ്രഹം വിരക്തി എന്ന് വെച്ചാൽ അതില്ലാതിരിക്കുക ആഗ്രഹമില്ലായ്മയെന്നും പറയും അതിനാണി വിരക്തി എന്ന് പറയുന്നത് ആഗ്രഹമില്ലായ്മ വൈരാഗ്യം എന്ന് പറഞ്ഞാലും അതേ നടത്തി ആഗ്രഹമില്ലായ്മ എന്തിനോട് ആഗ്രഹമില്ലായ്മ കർമ്മം ചെയ്യുക കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക ജനന മരണങ്ങൾ ഇതിനോട് താല്പര്യമില്ലാതിരിക്കുക ഇപ്പൊ ശങ്കരാചാര് ഇത് പറയുന്ന നൂറ് ശതമാനം ഭേദവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ന് നമ്മൾ ഇതൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാമാന്യ ബുദ്ധിയും യുക്തി അനുസരിച്ച് പറയും ശങ്കരാചാര് അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യം വരും ആത്മാവ് നിത്യമാണെന്നറിയുക കർമ്മഫലങ്ങളാണ് നിത്യമാണെന്നറിയുക എങ്ങനെ എങ്ങനെ ഈ ഒരു ബോധവരാൾക്ക് ഉണ്ടാവും ശങ്കര പ്രധാനമായിട്ടും പറയുന്നത് ബ്രാഹ്മണനെ ഉദ്ദേശിച്ചിട്ടാണ് മുഖ്യമായിട്ട് ഈ ക്ഷത്രിയനും മൈസ്യനും കൂടെ ജാഥ എന്ന് പറയുന്നുണ്ട് ൊരവസരം കൊടുക്കുന്നുണ്ട് ശൂദ്രന്മാർക്കൊന്നും വേണ്ടിയല്ല ഇത് പറയുന്നു അപ്പൊ ആത്മാവ് നിത്യമാണ് കർമ്മവും ഫലവും അനിത്യമാണെന്ന് പറയുന്നവര് എങ്ങനെ ഒരാൾക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അന്നത്തെ രീതിയിലാ പറയുന്നു ഇന്നത്തെ രീതിയിലല്ല നമ്മള് മതപ്രഭാഷണം കേട്ടിട്ടോ ഏതെങ്കിലും ബസ് കൊടുത്ത് വായിച്ചിട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ അറിവുണ്ടാകുന്ന കാര്യമല്ല പറയുന്ന അന്ന് ബ്രാഹ്മണനാണെങ്കിൽ വിശേഷിച്ച് അഞ്ചാമത്തെ ഏഴാമത്തെ ഒക്കെ വയസ്സിൽ ബുദ്ധി അനുസരിച്ച് ഉപനയനം ചെയ്യും ഉപനയനം ചെയ്തിട്ട് വേദം പഠിപ്പിക്കും വേദം ചൊല്ലിപ്പഠിപ്പിക്കും അതോടൊപ്പം വേദാംഗങ്ങളൊക്കെ പഠിക്കും കുറെശക്ക് ഈ വേദത്തിന്റെ അർത്ഥം സാമാന്യമായി മനസ്സിലാവും സാമാന്യമായി മനസ്സിലാകുമ്പോൾ അവിടെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്നൊക്കെ കേൾക്കുമ്പോൾ ആത്മാവ് നിത്യമാണെന്ന് മനസ്സിലാവും പിന്നെ കർമ്മങ്ങളെ കുറിച്ച് വേദത്തിൽ പറയും കർമ്മത്തിന്റെ ഫലം സ്വർഗമെന്ന് പറയും നഷ്ടയെ പുണ്യെ സ്വർഗ്തി വിശന്തി പുണ്യം നഷ്ടപ്പെട്ടാ തിരിച്ചു വരും ഇതൊക്കെ വേദത്തിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കും വേദാധ്യനം തന്നെ അപ്പൊ വേദാധ്യയനം ചെയ്യുമ്പം തന്നെ ആത്മാവും നിത്യമാണെന്നും കർമ്മവും ഫലങ്ങളും അനിത്യമാണെന്നും അതുകൊണ്ട് സംസാരം അനിത്യമാണെന്നൊക്കെ മനസ്സിലാവും മനസ്സിലാവുന്നതുകൊണ്ട് അനിത്യമായ അവൻ ആഗ്രഹിക്കത്തില്ല നിത്യമായഗ്രഹിക്കും നിത്യമായ ആത്മാവിനെ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹം വരുമ്പോൾ പിന്നെ മറ്റു യോഗ്യതകളും വേണം വിരക്തി സമാധിശക്തസമ്പത്തി സമാധിശക്തസമ്പത്തി ഡിസിപ്ലിൻ എന്ന് പറയാം ഡിസിപ്ലിൻ പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പഴത്തേക്ക് അനിത്യമായ ഒന്നും വേണ്ട നിത്യമായ ആത്മാവ് മതി എന്നുള്ള ആഗ്രഹം മൂക്ഷത്വം അതും കൂടെ വരുമ്പോഴത്തേക്ക് അവൻ ഇതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിക്കാൻ തുടങ്ങും വിചാരം ചെയ്യും വിചാരം ചെയ്ത് അവനെന്ത് ചെയ്യുന്നു ജ്ഞാനം ഉണ്ടായി അവന്റെ അജ്ഞാനം നശിച്ച് അവന് മുക്തനായിത്തീരുന്നു ഇതാണ് ശങ്കരാചാര്യ പറയുന്നവര് അപ്പൊ ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്യുന്നവനാണ് ആത്മാവിനെയും ആരാത്മാവിനെയും ഇങ്ങനെ അറിയുന്നത് ാണ് ചന്ദ്ര പറയും പക്ഷേ അറിവ് പൂർണ്ണമല്ലാത്തത് കൊണ്ട് പിന്നെ അവൻ വിചാരം ചെയ്യുന്നു അറിഞ്ഞെങ്കിലും അത് പൂർണ്ണമാവുന്നില്ല പ്രധാന കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അവന് അതിനുള്ള യോഗ്യതയില്ലാതെ ഇതാണ് ചന്ദ്രാരുടെ കറക്റ്റായിട്ടുള്ള വീര് അതായത് ഈ സബ്സ്റ്റൻസ് സസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ആത്മാവ് മാത്രമാണെന്നും മറ്റേത് പ്രതീതി മാത്രമാണോ ഇല്ലാത്തതാണെന്നും ഐ എം അവേർ ഓഫ് ഓൾ തിങ്സ് യു ലൈക്ക് ഷർട്ട് കോട്ടൺ അവയർനെസ്വിമ്മിങ്സ് ഇഫ് ദാറ്റ് സ്റ്റാൻഡ് പോയിന്റ് യു ക്യാൻ സേ ദാറ്റ് ദി സനി സത്യവിശ്രമ ീ പറയുന്ന ഇത് ജഗത്തെല്ലാം മിഥ്യാണ് ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും മനസിലാക്കാൻ പറ്റി ഈ പറയുന്ന ഉപഗ്രഹത്തുകളിലൊന്നും മിഥ്യ എന്ന് പറയുന്ന വാക്കേ ഇല്ല അങ്ങനെ ഒരു വാക്കുകൂടിയില്ല ശങ്കരായ ഭാഷയുടെ എന്താണ് മിഥ്യ എന്ന് പറയുന്ന ഒരു വാക്കേ ഇല്ല ിയ സാധനം അപ്പൊ വേദം അധ്യയനം ചെയ്യുന്ന ഒരാളിന് ഇത്രയും മനസ്സിലാവും എന്താണോ കർമ്മവും എന്റെ ഫലങ്ങളും അനിത്യമാണോ ആത്മാവ് എന്ത് നിത്യമാണ് ഇത്രയും മനസിലാവും പിന്നെ എന്തു ചെയ്യണം ഈ പറയുന്നവരെ ബ്രഹ്മമാണ് സത്യം ജഗത്ത് വിദ്യ ആണ് എന്നൊക്കെ അറിയണമെങ്കിൽ അതിനുവേണ്ടിട്ടാണ് ചതുഷ്ടെ സംബന്ധിക്ക് ശേഷം ബ്രഹ്മവിചാരം ചെയ്യണമെന്ന് പറയുന്നു മനസിലായോ അപ്പൊ ബ്രഹ്മവിചാരം ചെയ്യാന്ന് പറഞ്ഞ എന്താ ശങ്കരായഴുതി വച്ചിരിക്കുന്നു പഠിക്കണം അവിടെ ഇതൊക്കെ ഉള്ളു അല്ല വേദത്തിൽ ഇതൊന്നും ഈ പറയുന്ന അനുവചനീയം മിഥ്യ മായ എന്ന് പറയുന്ന ശബ്ദം ഇന്ദ്രോ മായാഭി പുരുപയതോ ഇങ്ങനെ മായ എന്ന് ഉണ്ട് ഇന്ദ്ര ആ മായ എന്ന് പറയുന്ന ശബ്ദം വരുന്നുണ്ട് ഒരിടത്ത് അത് ഒരിടത്തൊക്കെ ഉള്ളു അതിൽ ശങ്കരാചര്യ പറയുന്ന രീതിയിലൊന്നുമില്ല അപ്പൊ ശങ്കരാചാര്യ പറയുന്ന രീതിയിൽ ഇതൊക്കെ ഒരു കല്പനയാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയുന്ന മുഴുവൻ ആരുടെ സംഭാവന ശങ്കരാചാര്യന്റെ സംഭാവന അപ്പം ബ്രഹ്മവിചാരം ചെയ്യണമെന്ന് വെച്ചാൽ ശങ്കരാചാര്യ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് അത് പഠിക്കുക ഇതാണ് ശങ്കരാചാര് പറയുന്നത് അല്ലാതെ വേദം ഒരാള് ഉപനയനം ചെയ്ത് ഗുരുവിന്റെ അടുത്ത് വരുന്നു അഗ്നിമീടെ പുരോഹിതമെന്നു പറഞ്ഞ് വേദം ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ഈ പറയുന്ന അദ്വൈതമൊന്നും ഒരിക്കലും പിടിയിട്ടത്തില്ല കാരണം അത് അതിനകത്തില്ല എല്ലാത്തിനും ഈ ഉപനിഷത്ത് പഠിച്ചാലും ശരി ശങ്കരായ വ്യാഖ്യാനം വായിക്കാതെ ആർക്കും ഈ പറയുന്ന പോലെ എന്താണ് ബ്രഹ്മം സത്യമാണ് പ്രപഞ്ചം മിഥ്യ ആണെന്നുള്ള ആ ബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് വിചാരം ചെയ്യണമെന്ന് എന്ത് വിചാരം ചെയ്യണം താൻ എഴുതി വച്ചിരിക്കുന്ന വിചാരം ചെയ്യണം ഇനി അബദ്ധത്തിറങ്ങാനും രാമാനുജാചാര്യർ എഴുതി വെച്ചിരിക്കുന്നതാണ് വിചാരം ചെയ്യണമെങ്കിലോ പിന്നെ ഇതൊക്കെ സത്യോ അവളെ മിത്യയില്ല അങ്ങനെയുണ്ട് അതാത് ബ്രഹ്മന്യാസി രാമാനുജാചാര്യർ എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനം വിശദമായ രണ്ട് ഖ്യാനിച്ചും മഹാഭാഷയും അതൊക്കെ വായിച്ച് വിചാരം ചെയ്തു പറഞ്ഞാൽ അതൊക്കെ വിചാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മസത്യം ജഗത്സത്യം രണ്ടും സത്യം ശങ്കരാചാര്യ എന്താ പറയുന്നത് ഞാൻ എഴുതിയത് പഠിക്കണം ട്രംപ് പറയും പോലെയാണ് ഞാൻ പറയുന്നത് നടപ്പിലാണ് ശങ്കരാചാര്യ പറയുന്നത് ശങ്കരാചാര്യ പറയുന്നത് ബ്രഹ്മസത്യം ജഗത് നിത്യെന്ന് പറയുന്നു അപ്പൊ രാമാനു പറയുന്ന ബ്രഹ്മവും സത്യം ജഗത്തും സത്യം ആ ആ പറയുന്നത് ജഗത്ത് ഉണ്ടായ സത്യം അത് എങ്ങനെയാണെന്നുള്ളത് വേറെ അതിനു പഠിച്ചേ പറ്റും രാമാനു ആചാര്യ പറയുന്ന സത്യം അതൊക്കെ പഠിച്ചാലേ അതെങ്ങനെയാണ് ജഗത്ത് സത്യമാവുന്നൊന്നു മനസിലാകത്ത പക്ഷെ ചാര്യർ പറയുന്നത് ഇങ്ങനെയാണ് വിചാരം ചെയ്താൽ നമുക്ക് ശങ്കരാചാര്യർക്ക് ഈ അഴി എവിടുന്ന് കിട്ടി ഏ ശരാചാര്ക്ക് എവിടുന്നു കിട്ടിടത്തല്ലോ ശങ്കരാചാര്യർക്ക് കിട്ടിയത് മണ്ടുക്യുപനിഷത്തിന്റെ കാര്യയിൽ നിന്നും മണ്ടി കുപനിഷത്തിലില്ല മണ്ടി കുപനിഷത്തിന്റെ കാരികയിൽ നിന്ന് കിട്ടും ജഗത്തൊക്കെ വിദ്യാ അതൊക്കെ ഇങ്ങനെ ഒരാളുടെ പേര് അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇന്ന് പറയണ അങ്ങനെ അത് ചൂടെ പോകാൻ കാര്യമില്ല ഇന്നൊക്കെ പറയുന്നു എന്നല്ലാതെ അവിടെ നിന്ന് പറഞ്ഞ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഒരാളുടെ പേര് പറയുന്നു എന്താണ് ശങ്കരാചാര്യൊരു ഗുരുവുണ്ട് ഗോവിന്ദാചാര്യര് ഗോവിന്ദാചാര്യ കൂടിയാണ് അവിടെ ഭാഗത്ത് പറയുന്ന കഥകൾ ചരിത്രമായിട്ട് ബന്ധമുള്ള കാര്യമാണ് ഏത് സീത പാകം ചെയ്ത അടുപ്പ് വയനാട്ടിലുണ്ട് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഉണ്ട് സീത പാകം ചെയ്ത അതുപോലെ ഉള്ളു കഥകളാണ് ഒരു കഥ കേട്ട ഓരോരുത്തരും എന്താണ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു പാറയുണ്ട് അത് ഭീമം കേറിയുന്ന പാറയാണ് ആ എന്നാലും അങ്ങനെ കഥകള് ആൾക്കാരുണ്ടാക്കും കഥകൾ ഉണ്ടാക്കുന്നതും അത് ചരിത്രമല്ല ഞാനീ പറയുന്ന എന്താണ് ചരിത്രമാണ് ശങ്കരാചാര്യർക്ക് അദ്വൈതമെന്ന് പറയുന്ന ഒരാശയം കിട്ടുന്നത് മാണ്ടൂക്യകാരികയിൽ നിന്നാണ് പ്രപഞ്ചം വിത്യന്നൊക്കെയുള്ള എന്തുകൊണ്ട് ശങ്കരാചാര്യത് കോട്ട് ചെയ്തിട്ട് തന്റെ ഭാഷ അതുകൊണ്ട് നമുക്കറിയാം അത് എവിഡൻസ് ഉള്ള കാര്യമാണ് ഇനി മാണ്ഡൂക്യകാരികയിൽ ഇത് എവിടെയെന്ന് കിട്ടി ഈ ആശയം അതില്ലാന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നേ മിഥ്യന്ന് പറയുന്ന വാക്കേ ഇല്ലോ ശരാഡൂകാരികനവിടുന്നു വന്നു അത് നാഗാർജുനൻ നാഗാർജുനന്റെ വ്യാഖ്യാതാക്കൾ അവരിൽ നിന്ന് കിട്ടിയാണ് സംഘരാജയം ആ സംശയം തോന്നുന്നു ആ നാഗാർജുനന്റെ ആശയങ്ങളാണ് അത് എടുത്ത് മാറ്റം വരുത്തി കേട്ടത് ആശയമാണ് ബുദ്ധന്റെ ആശയങ്ങളെന്ന് പറഞ്ഞ് നാഗാർജുനൻ പറഞ്ഞ കാര്യം ബുദ്ധ ഒന്നും പറഞ്ഞിട്ടില്ല ബുദ്ധന്റെ നാഗാർജുന പറഞ്ഞ കാര്യങ്ങൾ അനു വ്യാഖ്യാനിച്ച് അതില് കുറെ മാറ്റം വരുത്തി അതേ ആശയം തന്നെ മാറ്റം വരുത്തി മാാണ്ഡൂക്യ ഗാരികയിൽ വന്നു മാഡൂക്യ ഗാരികയെന്ന് ശങ്കരാചാര്യെടുത്ത് ശങ്കരായരുടെ അദ്വൈതം സ്ഥാപിച്ചു അങ്ങനെയാണ് വരുന്നത് അല്ലാതെ ഇതിന് ഈ ശങ്കരായ പറയുന്ന ജഗത്മിഥ്യ എന്ന് പറയുന്ന ഈ ആശയത്തിന് വേദങ്ങളുമായിട്ടോ ഉപനിഷത്തുമായിട്ടോ ഒരു ബന്ധമില്ല മനസ്സിലാവ വേദങ്ങളുമായിട്ടോ ഉപനിഷത്തുമായിട്ടോ പുലബന്ധം പോലെ ജഗത് മിഥ്യ എന്ന് പറയുന്ന ശങ്കരായഴുതിയ പുരുഷത്തുകൾ ഒരിടത്തും ഇല്ല വേദപ്രമാണായിട്ട് പറയുന്നു അല്ലേ ആശ്രമപ്പെട്ടന്മാരെ പഠിക്കുന്നു ബ്രഹ്മ ബ്രഹ്മത്തെ കുറിച്ചും ബ്രഹ്മ സത്യമാണെന്നൊക്കെ പറയുന്നുണ്ട് സത്യഞ്ജാനം അനന്തം ബ്രഹ്മ പ്രത്യേകം മനസ്സിലാക്കണം സത്യഞ്ജാനം അനന്ത കാര്യങ്ങൾ ബ്രഹ്മത്തെ കുറിച്ച് എഴുതി പറയുന്നുണ്ട് പക്ഷെ ജഗത്മിഥ്യ ജഗത്മിഥ്യ എന്ന് പറയുന്ന ഒരു വാക്ക് ശങ്കര പാഷ്യ എഴുതിയ പത്ത് ഉപനിഷത്തുകളിലഹ്മസൂത്രത്തിലില്ല ഗീതയിലില്ല ജഗത്മിഥ്യത്തില് സമാധി മാത്രം ഇതൊക്കെ ഈ എഴുത്തും വായനയും ഈ സംഗതികളെല്ലാം ഊഹാപോഹങ്ങളാണ് അതിന് ഒരു സമാധിയ മനസിലായി അത് ഈ പൊതുവെ ഈ നാട്ടില് പ്രചരിച്ചിരിക്കുന്ന അബദ്ധങ്ങളാണ് സമാധിയിരിക്കണം സമാധി ഇരുന്ന് എഴുതാൻ പറ്റില്ല സമാധി ഇരുന്ന് എഴുതാൻ പറ്റുള്ളൂ ഇതൊക്കെ ഊഹാപോഹങ്ങളാണ് യുക്തി വിചാരം കൊണ്ട് എഴുതി വെക്കുന്നത് നാഗാർജുനൻ എന്ന് പറയുന്നത് അവിടെ ഗംഭീരമായ യുക്തി വിചാരമാണ് താർക്കിക ബുദ്ധി ഉപയോഗിച്ച് നാഗാർജുനൻ എന്തു ചെയ്തു ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ അനർവചനീയതയെ കുറിച്ച് പറഞ്ഞ നാഗാർജുന ഗംഭീരമായിട്ട് നാഗാർജുനന്റെ വ്യാഖ്യാതാക്കും അതിൽ നിന്ന് കൊറേ കാര്യങ്ങൾ ഇങ്ങോട്ടെടുത്തി നാഗാർജുനൻ ബ്രഹ്മസത്യം പറയുന്നില്ല നാഗാർജുനൻ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ കുറിച്ചേ പറയുന്നു വേദത്തിൽ നിന്നും ബ്രഹ്മസത്യം എന്ന് പറയുന്ന നാഗാർജുനന്റെ മിഥ്യയും കൂടെ കൂട്ടിച്ചേർത്താണ് മാണ്ഡൂക്കിയ കാരികൾ മനസിലായ നാഗാർജുന പറഞ്ഞ വ്യത്യാസം അതാണ് വേദത്തിനെന്തണ്ട് ബ്രഹ്മസത്യം ഉണ്ട് മിഥ്യാത്വം ഇല്ല നാഗാർജുനന്റെ എന്തുണ്ട് മിഥ്യാത്വം ഉണ്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്തു മാണ്ഡൂക്യം വന്നു ആ മാഡൂക്യത്തെ വച്ചുകൊണ്ട് അടിസ്ഥാനമായി വെച്ചുകൊണ്ട് ബ്രഹ്മസത്യവും ജഗന്മിഥ്യയും വ്യാഖ്യാനിച്ചാണ് ശങ്കര ഭാഷ അതീ ജഗത്മിഥ്യ എന്ന് പറയുന്നതിന് ഉപനിഷത്തുകളിൽ ഒരു വാക്യവും ഇല്ല ആകെയുള്ളത് ഒരു വാക്കാണ് അതോ അന്റേത് ആർത്ഥം എന്നൊരു വാക്കുണ്ട് അതോ അന്റേതാർത്ഥം ഈ ആർത്ഥം എന്ന് പറഞ്ഞാൽ ശങ്കരം അർത്ഥം പറഞ്ഞ മിഥ്യയാണ് ഈ അർത്ഥം എന്ന് പറയുന്നതിന് ഭാഷാപരമായ മിഥ്യ എന്നൊരു അർത്ഥമൊന്നുമില്ല എഴുതിയ എഴുതിയത് തന്നെ ശങ്കരാചാരം എഴുതി വെച്ച് ഇതാണ് മിഥ്യ ഭാഷാപരമായി അങ്ങനെ ഒരർത്ഥം ഇല്ല ആർത്തം എന്ന് പറഞ്ഞു വരുഷത്തിനങ്ങനെ ഒരു വാക്കുണ്ട് ആർത്ഥം അതിന് ശങ്കരായ അർത്ഥം പറഞ്ഞു ആർത്തവെന്ന് പറഞ്ഞാൽ നിത്യം അപ്പൊ ജീവോ ബ്രഹ്മയോ എല്ലാ അപരാം നിന്നും ഏതൊക്കെ ഒരിടത്തുമില്ല ശങ്കരാഴു ഉപനിഷത്തുകൾ ഇല്ലെന്നാ അതിന്റെ അർത്ഥം ശങ്കരാകാര്ക്ക് ശേഷം ഒരുപാട് പുനിഷത്തുകൾ വന്നിട്ടുണ്ട് ശങ്കരകാർക്ക് ശേഷം അതിന് ഇതൊക്കെ ഉണ്ട് അള്ള ഉപനിഷത്വരെ ഉണ്ട് അങ്ങനെ ഉപനിഷത്വം അറിയണോ അല്ലാ അല്ലാ ഇങ്ങനെയുള്ള ചെറിയ പറയുന്നത് അല്ല ക്രിസ്തുപനിഷത്വം സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഉത്സവങ്ങൾ അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു നാഗാർജുനൻ മാണ്ഡുക്യകാരിക ശങ്കരഭാഷ ഇതാണ് എന്റെ വരണം അത് ബ്രഹ്മം സത്യം ഈ കാര്യങ്ങളൊക്കെ ഉപനിഷത്ത് കളി ജഗത് മിഥ്യ ജീവോ ബ്രഹ്മീവോ ഇതൊന്നും ഉപനിഷത്തയില്ല പക്ഷെ തത്വമസ്യുണ്ട് തത്വമസിന്ന് പറഞ്ഞാൽ ജീവനും ബ്രഹ്മവും ഒന്നാളും ഒന്നും വ്യാഖ്യാനം അനുസരിച്ചാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കാനിരിക്കുക ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം അവതരിപ്പിച്ചത്രയും യുക്തിയുക്തമാണ് യുക്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ ശങ്കരായുപയോഗിക്കുന്ന മുഴുവൻ എന്താണ് യുക്തിയാണ് യുക്തിയിലൂടെയാണ് അദ്വൈതം സ്ഥാപിക്കുന്നത് യുക്തിവാദത്തിനൊരു കുഴപ്പമുണ്ട് എന്താണ് യുക്തിവാദത്തിന് ഒരു കുഴപ്പം പലപ്പോഴും ഉത്തരം മുട്ടിപ്പോ ഉത്തരം കിട്ടത്തില്ല ശങ്കരായർക്ക് ഇത് വരും ഉത്തരം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്തരം കിട്ടാതെ ഉത്തരം കിട്ടാതെ ശങ്കരാകാര്ക്ക് ഒരു നമ്പർ ഒരു നമ്പർ പുറത്തെടുക്കും ഇത് ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഇത് ശ്രുതി വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം തന്ന അവിടെ നിക്കും പിന്നെ അങ്ങോട്ട് തർക്കമുണ്ട് ഞാൻ പറയുന്ന ഗുരുദേവൻ വാർത്തയിൽ തർക്കൂ അതായത് പാരമ്പര്യമായിരിക്കുന്ന അദ്വൈതം പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന അദ്വൈതം ഈ പറയുന്ന നാഗാർജുനൻ ഗൗടബാദര് ശങ്കരാചാര്യൻ ആ ശിഷ്യ എത്രയോ പേര് പറഞ്ഞ അദ്വൈതത്തെ ആ പാരമ്പര്യത്തിൽ നിന്ന് ഗുരുദേവൻ പഠിച്ചിട്ട് അതിനെ വെച്ചിരിക്കുന്നു അനന്തവാൻ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നതിനൊക്കെ എഴുതി വെക്കാം പാരമ്പര്യമായി പറഞ്ഞു വന്ന ആ അദ്വൈതത്തെ ഗുരു എഴുതിയിരിക്കുന്നു വരുന്ന കുഴപ്പം ആർക്കെഴുതി ഗുരുവിന് ശേഷം ആരെല്ലാം എഴുതിയിരിക്കുന്നു ഗുരു എഴുതി വെച്ചു ഇതാണ് അദ്വൈതം എഴുതിയോട് അതൊക്കെ ഒന്നും അറിയത്തില്ല പൊതുവെ പറയുന്നു ഒരാളും ആളുടെ പേര് ഗോഢവാദനം എന്ന് പറയുന്നു അത്രയാണ് അതെ അതെ ബംഗാളിന്ന് വന്ന ആളാണ് ഇതിന്റെയൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ പേരൊന്നും എഴുതി വയ്ക്കാറില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു വരും ഇന്ന ആളാണ് എഴുതിയത് പറഞ്ഞു പറഞ്ഞു വരുന്ന ശങ്കരഭാഷ്യം അങ്ങനെയല്ല അതൊരു ശങ്കരാചാര്യ എഴുതിയതാണ് ഒരു ശങ്കരൻ ആരാണെന്നൊന്നും അറിയത്തില്ല ആളിന്റെ ഹിസ്റ്ററി എന്നും ആർക്കും അറിയത്തില്ല ഹിസ്റ്ററിയില്ല കഥകളേ ഉള്ളു കഥകളേ ഉള്ളു കാരണം ഒരായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളിന്റെ കൃത്യമായ ഹിസ്റ്ററി കിട്ടുന്ന വളരെ പ്രയാസം കഥകളുണ്ട് ചരിത്രം മനസ്സിലാക്കാൻ പ്രയാസം അങ്ങനെ ഒരാൾ എഴുതിയുണ്ട് പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിശ്വാസം വിശ്വസിക്കാം നിങ്ങളുടെ വിശ്വാസം എന്താ സ്വീകരിക്കും അവരവരുടെ ഇഷ്ടം എഴുതി വെച്ചിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാം നിങ്ങളുടെ ഇഷ്ടമാണത് സംഗതി ഇങ്ങനെയൊക്കെയാണ് വന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്നും ഞാൻ പറയുന്നു വിശ്വാസം അവരവരുടെ സ്വാതന്ത്ര്യം അത് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് അണ്ടർ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പെർസ്പെക്ടീവ് ഓഫ് അദ്വൈതം അദ്വൈതത്തിന്റെ ഒരു നിലപാടാണ് മനസിലായ അങ്ങനെ പറയുന്നത് അദ്വൈതത്തിന്റെ നിലപാടാണ് അദ്വൈതികൾ അങ്ങനെ പറയും അതായത് ഒരു ഇതാണോ സ്വർണമാണെന്ന് വെച്ചോ ഞാൻ പറയുന്നത് ഇരുപത്തിനാല് കാരറ്റ് വേറെ പറയുന്നത് പതിനെട്ടേ ഉള്ളൂ പറയുന്നത് പന്ത്രണ്ടെന്ന് പറയും അപ്പൊ ഇതിപ്പോ എന്റെ കൈ വെച്ചുകൊണ്ട് ഞാൻ ഇരുപത്തിനാലെന്നോ പന്ത്രണ്ടോ പതിനെട്ടോന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇത് ഞാൻ പറയുന്നതാണ് ഇരുപത്തിനാല് കാരറ്റ് ഉണ്ടോന്ന് തരീണ ടെസ്റ്റ് ചെയ്യണം എന്നാലറിയാൻ പറ്റും അതേ പന്ത്രണ്ടേ ഉള്ളൂ അകിച്ചെമ്പാണ് അതുപോലെ അദ്വൈതത്തിന്റെ ഒരു നിലപാടാണ് എന്ത് ഇത് ഫെയ്ത്തല്ല ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുള്ള അദ്വൈതം അദ്വൈതത്തെ കുറിച്ച് പറയുന്ന നിലപാടാണ് പിന്നെ ഇത് ഫെയ്ത്താണോ അണ്ടർസ്റ്റാൻഡിങ് ആണോന്നറിയണെങ്കിൽ നമ്മള് അതിൽ നിന്നൊന്നും മാറി നോക്കുമ്പോ അതൊരു ഫെയ്ത്ത് തന്നെയാണ് നൂറ് ശതമാനം അദ്വൈത അത് അംഗീകരിക്കുന്ന എന്തുകൊണ്ടത് ഫെയ്ത്ത് ആ കാരണം അദ്വൈതം ശങ്കരായ പറയുന്നത് എന്താണ് ഇത് ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നു ശ്രുതി എന്ന് പറയുന്നത് ദൈവം പറഞ്ഞാണ് അതുകൊണ്ട് ഇതൊക്കെ സത്യമാണ് വിശ്വാസമാണ് വിശ്വാസമാണ് പക്ഷെ അദ്വൈതി പറയില്ല അദ്വൈതി പറയും ഓൺ പെർസ്പെക്ടീവ് their ക്ലെയിം മനസ്സിലായി അവരുടെ ക്ലെയിമാണ് ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയും അത് കഴിഞ്ഞത് വേറെ ഒന്നുമില്ല അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് ഇതെങ്ങനെ പറയാൻ പറ്റും നിങ്ങള് ശങ്കരാരൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും ഈ പറയുന്ന അന്തരികളോട് ചോദിക്കുക ശങ്കരായീകരിക്കുന്നുണ്ടോ ഉണ്ട് ശങ്കരായ പറയുന്നുണ്ടോ ഇത് ശ്രുതിയാണ് ഇതിന് പ്രമാണോ ആണോ ശ്രുതി അല്ലെങ്കിൽ വേദം ദൈവം പറഞ്ഞാണ് പറയുന്നുണ്ടോ ശരി അപ്പൊ അത് വിശ്വാസമാണോ വേറെ എന്ത് പറയും പറഞ്ഞേ പറ്റൂ അത് വിശ്വാസം തന്നെയാണ് ബ്രഹ്മന്ന് പറയുന്ന ഒരു വിശ്വാസം തന്നെയാണ് മനസ്സിലാൻഡിങ് വെച്ച വാട്ട് ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ത് തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് നിങ്ങളീ പറയുന്നത് വിശ്വാസം അണ്ടർസ്റ്റാൻഡിങ് ഒന്നാണ് എന്താണ് വ്യത്യാസം പറഞ്ഞു അതായത് നമ്മൾക്ക് ഏതൊരു വിഷയത്തെ കുറിച്ചാണോ അറിയാൻ കഴിയാത്തത് അറിവില്ലാത്തടത്താണ് അവിടെ നമ്മൾ വിശ്വാസം വിശ്വാസം അറിവില്ലാത്തടത്ത് വിശ്വസിക്കും നമുക്കറിയില്ല എന്നുവച്ച യഥാര്ത്ഥമായി ഒരു വിഷയത്തെ നമുക്കറിയാൻ കഴിയാത്തടത്ത് നമ്മളവിടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുക അത് കേവലം വിശ്വാസം മാത്രമല്ല ഒരു ഒരു സംഗതി പിന്നെ പ്രേരിക്കുന്നതിന് കേവലം വിശ്വാസം മാത്രമല്ല അതിന്റെ മുന്നിൽ പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ പവറുണ്ട് മണി പവറുണ്ട് സോഷ്യൽ സയൻസുണ്ട് ആന്ത്രപോളജിയുണ്ട് നിരവധി വിഷയങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു വിഷയം ഇങ്ങനെ ജിയോളജി ഉൾപ്പെടെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് സ്പ്രെഡാവുന്നത് വെറും വിശ്വാസമാണ് പ്രധാനമായിട്ടും അതിന് പൊളിറ്റിക്സിന് കാരണമാണ് പവർ ഇതൊക്കെ അപ്പോ അദ്വൈതമെന്ന് പറയുന്നത് അദ്വൈത് പറയും ഇത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാനും അദ്വൈതം പഠിപ്പിക്കുമ്പോ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞാലോ പഠിപ്പിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് ക്രിട്ടിക്കലായി മറ്റുള്ളവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയും നിങ്ങൾ ചിന്തിച്ചു പോക ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക എന്താണ് വിശ്വാസമാണ് ഇനി അത് വിശ്വാസമല്ലെന്ന് അവര് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത് ശ്രദ്ധ നിങ്ങൾക്ക് വിശ്വാസം വേണം അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ പിന്നെ വിശ്വാസം ശാസ്ത്ര ഗുരുവാക്യസ് സത്യബുദ്ധി അവധായ അപ്പോ ആദ്യം തന്നെ പറയുന്ന എന്താണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രം ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുക എന്നാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പഠിപ്പിക്കണം ചിന്തിക്കണം ആദ്യം എന്തേലും ശ്രദ്ധ വേണമെന്ന് പറ ശ്രദ്ധ ശ്രദ്ധസ്വ സൗമ്യ മനസ്സിലായോ ശ്രദ്ധക്ക് വേറൊരർത്ഥമുണ്ട് ഏകാഗ്രതയോടെ ഏകാഗ്രഹ എന്നൊരു അർത്ഥമുണ്ട് വിശ്വാസം എന്ന അർത്ഥമുണ്ട് ഈ അദ്ദേഹത്തിൽ പറയുമ്പോ വിശ്വസിക്കാനാണ് ഗുരുവിൽ ശ്രദ്ധയാണ് ഗുരുവിനെ വിശ്വസിക്കണം ഗുരു പറയുന്നത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല എവിടെയാണോ ഏതെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുമ്പോ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത് വിശ്വസിക്കുക എന്നാണ് ചോദ്യം ചെയ്യരുത് വിശ്വാസമാണ് അവിടെ പിന്നെ ഇതെന്താ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിനെ കുറിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പോല എന്താണ് അറിയാനും ചിന്തിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെയാവും ഇങ്ങനെയുണ്ട് അങ്ങനൊരു കാര്യമുണ്ട് ഉം ശരി നമുക്ക് നിരതി കളാം വീണ്ടും